പറയുക അല്ലാഹു സുഹാനുപറ്റായാലാ നിങ്ങൾക്ക് ദോഷം വരുത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കരുണ കാണിക്കാനോ ഉദ്ദേശിച്ചാൽ അവനിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാരുണ്ട് അള്ളാഹുവിനെയല്ലാതെ അവർക്കൊരു രക്ഷാകർത്താവിനെയോ സഹായിയെയോ കണ്ടെത്താനാവില്ല